മരിച്ചവനായിരുന്നവനെ നമ്മൾ ജീവിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ നടക്കാൻ അവനൊരു പ്രകാശം നൽകുകയും ചെയ്തവനാണോ അതോ ഇരുട്ടിലായവനും അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്തവനുമായ ഒരാളാണോ തുല്യൻ സത്യനിഷേധികൾ ചെയ്തു കൊണ്ടിരുന്ന കാര്യങ്ങൾ അവർക്കിപ്രകാരം മനോഹരമാക്കി കാണിക്കപ്പെട്ടു